ം ഇരുപത്തിനാല് ബാബേൽ രാജാവായ നെബുഗതനെസർ യഹോയാക്കിമിന്റെ മകനായി യഹൂദ രാജാവായ യഖോന്യാവേയും യഹൂദ പ്രഭുക്കന്മാരെയും ശില്പികളെയും കൊല്ലന്മാരെയും പിടിച്ച് യെരുശലമിൽ നിന്ന് ബാബേലിലേക്ക് കൊണ്ടുപോയ ശേഷം യഹോവെന്നെ രണ്ടു കൊട്ട അത്തിപ്പഴം യഹോവയുടെ മന്ദിരത്തിന് മുമ്പിൽ വച്ചിരിക്കുന്നത് കാണിച്ചു ഒരു കൊട്ടയിൽ തലപ്പഴം പോലെ എത്രയും നല്ല അത്തിപ്പഴവും മറ്റേ കൊട്ടയിൽ എത്രയുമാകാത്തതും തിന്മാൻ പാടില്ലാത്തവണ്ണം ചീത്തയുമായ അത്തിപ്പഴവും ഉണ്ടായിരുന്നു യഹോവയെന്നോട് ഇരമ്യാവേ നീ എന്ത് കാണുന്നു എന്ന് ചോദിച്ചു അതിന് ഞാൻ അത്തിപ്പഴം നല്ല അത്തിപ്പഴം എത്രയോ നല്ലതും ആകാത്തതോ എത്രയുമാകാത്തതും തിന്നുകൂടാതെ വണ്ണം ചീത്തയുമാകുന്നു എന്ന് പറഞ്ഞു അപ്പോൾ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ ഈ സ്ഥലത്ത് നിന്ന് കൽദരുടെ ദേശത്തേക്ക് നന്മയ്ക്കായി അയച്ചിരിക്കുന്ന യഹൂദാ ബദ്ധന്മാരെ ഈ നല്ല അത്തിപ്പഴം പോലെ ഞാൻ വിചാരിക്കും ഞാൻ എന്റെ ദൃഷ്ടി നന്മയ്ക്കായി അവരുടെ മേൽവച്ച് അവരെ ഈ ദേശത്തേക്ക് വീണ്ടും കൊണ്ടുവരും ഞാൻ അവരെ പണിയും പൊളിച്ച് കളയുകയില്ല അവരെ നടും പറിച്ച് കളയുകയുമില്ല ഞാൻ യഹോവയെന്ന് എന്നെ അറിയാൻ തക്ക ഹൃദയം ഞാൻ കൊടുക്കും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ഇരിക്കും അവർ പൂർണ്ണ ഹൃദയത്തോടെ എങ്കിലേക്ക് തിരി എന്നാൽ യഹൂദരാജാവായ സിതക്കിയാവേയും പ്രഭുക്കന്മാരെയും ഈ ദേശത്ത് ശേഷിച്ച എരുശിലേമിലെ ശേഷിപ്പിനെയും മിസ്രൈം ദേശത്ത് പാർക്കുന്നവരെയും ഞാൻ ആകാത്തതും തിന്നുകൂടാതെ വണ്ണം അത്തിപ്പഴം പോലെ തൃജിച്ചു കളയുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു ഞാനവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീതിയും അനർത്ഥവും ഞാനവരെ നീക്കിക്കളവാനിരിക്കുന്ന സകല സ്ഥലങ്ങളിലും നിന്നയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവാക്യവും ആക്കിത്തീർക്കും ഞാൻ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്തദേശത്തുനിന്ന് അവർ നശിച്ചു പോകും വരെ ഞാൻ അവരുടെ ഇടയിൽ വാളും ക്ഷാമവും മഹാമാരിയും അയയ്ക്കും